അള്ളാഹുസുബാനുഹൂവറ്റ ആല വിനെക്കുറിച്ച് കളവ് കെട്ടുന്നവനേക്കാളോ അല്ലെങ്കിൽ എനിക്ക് വഹി ലഭിച്ചു എന്നു പറയുകയും എന്നാൽ തനിക്ക് യാതൊന്നും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നവനേക്കാളോ അല്ലെങ്കിൽ അള്ളാഹുസുബഹാനഹൂവറ്റ ആല ഇറക്കിയതുപോലെ ഒന്ന് ഞാനും ഇറക്കാം എന്നു പറയുന്നവനേക്കാളോ വലിയ അക്രമി മറ്റാരുണ്ട് അക്രമികൾ മരണത്തിന്റെ വേദനകളിൽ അകപ്പെടുമ്പോൾ മലക്കുകൾ തങ്ങളുടെ കൈകൾ നീട്ടി നിങ്ങളുടെ ആത്മാക്കളെ പുറത്തെടുക്കൂ എന്ന് പറയുന്ന രംഗം നീ കണ്ടിരുന്നെങ്കിൽ അള്ളാഹു സുബഹാനഹു വ ചായ നിങ്ങൾ സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതിനാലും അവൻറെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ തള്ളിക്കളഞ്ഞതിനാലും ഇന്ന് നിങ്ങൾ നിന്ദ്യമായ ശിക്ഷയ്ക്കു പാത്രമാകുന്നു